അപ്പൊ ആ ലക്ഷ്യത്തിനെ കാണിക്കാനാണ് ഈ സത്സംഗത്തിന്റെ ലക്ഷ്യം അതിനുവേണ്ടി സഞ്ചരിക്കുന്നത് ചരൈവേത്തി ലോകഹിതം ചരന്ത ചെവിയിൽ വീഴട്ടെ ഈ വാർത്തീർത്തീർത്തീർത്തേ ഭാഗവതത്തിൽ പറഞ്ഞു ഹേ സഖേ വാർത്താം സഖേ കീർത്തയ തീർത്ത കീർത്തേ ഹെ തീർത്തീകരിക്കുന്ന കീർത്തിയോടു കൂടിയിട്ടുള്ള ഭഗവാൻ ആ മോക്ഷമാർഗം ആ ന്യൂസ് ഉണ്ടല്ലോ മോസ്റ്റ് ഓസ്പീഷ്യസ് ന്യൂസ് അത് ചെവിയിൽ കൊണ്ട് ഇട്ടേക്കുന്നതാണ് ബാക്കി ആ ജീവൻ ചെയ്തോളും ഇങ്ങനെ ഒരു ലക്ഷ്യമുണ്ട് എന്നറിഞ്ഞാൽ അവര് പുറപ്പെട്ടോളും വഴി കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടു ആവശ്യമില്ല ഒരു സദ്ഗുരു ചെന്ന് ശരണാഗതി ചെയ്യുമ്പോൾ ഗുരു പറയണു ഭയപ്പെടേണ്ട തന്നെ ഞാൻ കൂട്ടിക്കൊണ്ടു പോവാം പക്ഷെ ജനറൽ ആയിട്ട് അതുപോലെ ആവശ്യമില്ല ചെവിയിലേക്ക് ഈ വാർത്ത ഇങ്ങട്ട് വിട്ടുകഴിഞ്ഞാൽ ഈ ജീവൻ ഉണർന്നോളും ഉത്തിഷ്ടത ജാഗ്രത പ്രാപ്യവരാം നിബോധത എന്ന് കരുണയോടുകൂടെ വേദമാതാവ് വിളിച്ചു പറഞ്ഞു മാസ്വപ്താഹ ഉസ്വപ്താഹ ഉറങ്ങിയതും അതീനം അഗ്നിമിച്ചേ ഭാരതാഹ എന്ന് വേദം പറയുന്നു ജ്ഞാനമാകുന്ന അഗ്നിയെ ആദാനം ചെയ്യൂ എഴുന്നേക്കൂ പൂർണ്ണമായ ഒരു തൃപ്തി ശാന്തി സമാധിസുഖം അനുഭവിച്ചുകൊണ്ട് ഈ ശരീരം വിടാൻ കഴിഞ്ഞു അവനാണ് ധന്യൻ അവനാണ് മഹാത്മാവ് അവൻ സ്വതന്ത്രനാണ് അവൻ യോഗിയാണ് ആ അനുഭവത്തിന് വേണ്ടി യത്നിക്കൂ എന്ന് ശ്രുതി കരുണയോടെ മാതൃസഹസേ അപ്പി കരുണയാഗരീയസി ഒരായിരം അമ്മമാരെക്കാളും കരുണയിൽ ഘനം കൂടിയ ശ്രുതിമാതാവ് മാതൃസഹസ്രേഭ്യാഗരീയസീ ശ്രുതിജനനി ആ കാരുണ്യത്തോടു കൂടെ പറഞ്ഞു അതിനുള്ള മാർഗ്ഗമാണ് ഈ സർവസംഗ പരിത്യാഗരൂപമായ സന്യാസമും പരമഹംസ ധർമ്മമും ഒക്കെ പക്ഷെ അതിന്റെയൊക്കെ ലക്ഷ്യമോ ഈ ആത്മജ്ഞാനമാണ് ആത്മജ്ഞാനികൾ എല്ലാവരും സന്യാസികളൊന്നുമല്ല ധാരാളം ഋഷികൾ ഗൃഹസ്ഥന്മാരാണ് ഗൃഹസ്ഥാശ്രമത്തിലും രാജാക്കന്മാരായിട്ട് ഇരുന്നുകൊണ്ടും കുടുംബത്തിലിരുന്നു കൊണ്ടും അവരവരുടെ പണി ചെയ്തുകൊണ്ടും ഒക്കെ ജ്ഞാനികളായിട്ട് വരുന്നു സാക്ഷാത്കൃതരായിട്ട് വരുന്നു ജീവൻ മുക്തരായിട്ട് ആ പരമ്പരയൊന്നും വിച്ഛിത്തിയാവുകയേയില്ല അതുകൊണ്ട് ഇതിനുവേണ്ടി സന്യാസമെന്ന് പറയുമ്പോൾ ഭയപ്പെടരുത് ആത്മജ്ഞാനം തന്നെയാണ് സന്യാസം സന്യാസം എന്താണെന്ന് പറയാനാണ് ഭഗവാൻ ഇവിടെ പഠിക്ക് പടി വന്ന് ആദ്യം നമുക്കൊരു കാര്യം കാണിച്ചു കർമ്മമാണ് നമ്മളെ ബന്ധിക്കണത് എന്ന് കാണിച്ചു തന്നു അതിൽ കാമ്യകർമ്മം അറ്റാച്ച്മെന്റ് അത് കൂടുതൽ കൂടുതൽ കൂടുതൽ കുഴപ്പത്തിലേക്ക് കൊണ്ടുപോയിടും അപ്പൊ കർമ്മം ചെയ്യുന്നത് എങ്ങനെയാണ് കർമ്മം ബാഹ്യമായിട്ടൊരു എക്സ്പ്രഷൻ മാത്രാണ് ഇപ്പൊ പൂജ ആചമനം സങ്കൽപ്പം ഒക്കെ കഴിഞ്ഞു പുഷ്പങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചു ഭഗവാന് അഭിഷേകം ചെയ്തു തുടച്ചു അർച്ചന ചെയ്തു നിവേദിച്ചു ആർത്തി കാണിച്ചു ഇതൊക്കെ പറയുമ്പോ ഇതൊരു മെഷീനും ചെയ്യാൻ പറ്റും അല്ലേ ഒരു മെഷീൻ വാദ്യാർ ഉണ്ടാക്കി വെച്ചാൽ റോബോട്ട് വാദ്യാർ ഉണ്ടാക്കി വെച്ചാൽ ഭംഗിയായിട്ട് പൂജ ചെയ്യും ഒരു മന്ത്രം തെറ്റില്ല ഒരു ദിവസം ലീവ് എടുക്കില്ല ശമ്പളം കൊടുക്കണ്ട ആ വാദ്യാർ കർമ്മയോഗിയാണെന്ന് പറയാൻ പറ്റുമോ എന്താണെന്ന് വെച്ചാൽ ശമ്പളമേ കൊടുക്കണ്ട കണക്ഷൻ മാത്രം കൊടുത്തു ഓൺ ചെയ്താൽ ആദ്യാർ പൂജ ചെയ്തോളും ശാന്തിക്കാരൻ പൂജ ചെയ്തോളും പക്ഷെ അത് പൂജയാവോ പക്ഷെ നമ്മുടെ ആളുകൾക്ക് വിവരമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇനി അധികം വൈകാതെ ഈ അമ്പലങ്ങളിലൊക്കെ തുടങ്ങിക്കളയോ അങ്ങനെ നല്ല ഭംഗിയായിട്ട് കണ്ട നല്ല തേജസ്സായിട്ടിരിക്കും അങ്ങനെ ഇപ്പൊ തന്നെ തുടങ്ങിയിട്ടുണ്ടല്ലോ അല്ലേ ഓൺ ചെയ്തു കഴിഞ്ഞാൽ അത് ഓ ഒന്ന് തുടങ്ങും ഒരു ശ്ലോകം ചൊല്ലിക്കൊണ്ടിരിക്കും ഫോൺ എടുത്താൽ ഇത് ഒരു വിധത്തിൽ ഈ ഹിന്ദു എന്ന് പറഞ്ഞാല് വകതിരിവില്ലാത്തവൻ എന്നുള്ളതിന്റെ പര്യായമായിട്ട് മാറിയിരിക്കുക എന്തിനെ എവിടെ വെക്കണം യാതൊരു വകതിരിവുമില്ല അപ്പൊ ചെലപ്പോ അങ്ങനെ ചെയ്തു എന്ന് പറയാം പക്ഷെ അത് പൂജയാവോ എന്താന്ന് വെച്ചാൽ ആ മെഷിന് ഹൃദയമില്ല ദേവനുമില്ല ആരാധനയും ഇല്ല ധ്യാനമില്ല ഒന്നുമില്ല ആ ഭാവം വരുമ്പോ പൂജ പൂജയായിട്ട് തീരുന്നു ആരാധന ആരാധനയായിട്ട് തീരുന്നു ആ ഭാവത്തിന് പുറകിൽ എന്തൊക്കെയുണ്ട് ഈ വ്യക്തിയുടെ ഭാവമുണ്ടല്ലാണ്ട് അല്ലേ ഒരു രാമകൃഷ്ണ പരമഹംസർ കാളിയെ പൂജിക്കുമ്പോ അതിന് ഒരു വ്യത്യാസം ഒരു കബീർ തുണി നെയ്യുമ്പോ അതൊരു പൂജയായിട്ട് തീരണു രാജാക്കന്മാരൊക്കെ ഒന്ന് പറഞ്ഞു കബീറിന്റെ അടുത്ത് അങ്ങ് ഞങ്ങളുടെ ഗുരുവാണ് ഇനി തുണി നെയ്യത്തൊന്നും ചെയ്യണ്ട ഞങ്ങൾ നോക്കിക്കൊള്ളാം ഞാൻ എവിടെ തുണി നെയ്യണു ഇത് ആരാധനയാണെന്ന് ഈ തുണി നെയ്യ് ആരാധനയാണെന്ന് ഒരു ഞാനീ തുണി നെയ്ത്തുകാരനാണെങ്കിൽ ആ തുണി വാങ്ങിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് മനസ്സിന് സമാധാനം ഉണ്ടാവും എന്താന്ന് വെച്ചാൽ ഓരോ കർമ്മത്തിന് പുറകിലും ആ വ്യക്തിയുടെ മനസ്സുണ്ട് ഇതൊരു നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ഇതൊരു ഫാക്ടാണ് അനുഭൂതിമാനായ ഒരു മഹാപുരുഷൻ എന്തെങ്കിലുമൊക്കെ തന്ന അത് അനുഗ്രഹമാണ് ഒരു ജ്ഞാനി ഒരു കല്ലെടുത്ത ഒരു സ്ഥലത്ത് വെച്ച് ഇത് തന്നെ ശിവൻ പൂജിച്ചോളൂന്ന് പറഞ്ഞാൽ പൂജയാവും നാരായണ ഗുരു ആദ്യമായിട്ട് ശിവലിംഗം പ്രതിഷ്ഠിച്ചപ്പോൾ പ്രതിഷ്ഠിച്ച കഴിഞ്ഞിട്ട് ആരോ ചോദിച്ചു മുഹൂർത്തം നോക്കിയില്ലല്ലോ അപ്പൊ കഴിഞ്ഞില്ലേ കുട്ടി ജനിച്ച ശേഷല്ലേ ജാതകം നോക്കുക ഇനി നോക്കിക്കോളൂന്ന് തോന്നുന്നു ഇനി നോക്കിക്കോളൂന്ന് ജ്ഞാനികൾ അവരെന്ത് ചെയ്യണോ അതിന് പുറകിൽ അനുഗ്രഹം ഉണ്ടാവും ആ കർമ്മം പവിത്രമായി പവിത്രമായിട്ട് തീരും ആ കർമ്മം അനുഗ്രഹിക്കും അപ്പൊ ആ ഞാനാനുഭവം പുറകെ ഉണ്ടെങ്കിൽ അവർ പച്ചക്കറി കച്ചവടം ചെയ്ത് പച്ചക്കറി വാങ്ങിച്ചാൽ കഴിക്കണവർക്ക് നന്മ ഉണ്ടാവും നമ്മളിപ്പോ പറയണു അതിൽ എന്തൊക്കെയോ ഈ എന്താ നാച്ചുറൽ ഓർഗാനിക് അല്ലേ ഓർഗാനിക് ആവുന്നത് നല്ലതാണ് ഓർഗാനിക് മാത്രം പോരാ അതുകൊണ്ടാണ് കഴിയുന്നത് അവരവർ തന്നെ പച്ചക്കറി വെക്കണം അവരിതവർ തന്നെ കൃഷി ചെയ്യണം നോക്കൂ പാലക്കാട് മുഴുവൻ പാടമായിരുന്നു ഇപ്പൊ ഒരു പാടം കാണാൻ എവിടെ പാടമൊക്കെ നികത്തി ഒക്കെ ഫ്ലാറ്റ് ആക്കിയിരിക്കണം ജീവിതം മുഴുവനും കർമ്മമണ്ഡലം മുഴുവനും അതിന്റെ ബാക്ക്ഗ്രൗണ്ട് അഞ്ച് കാര്യമാണ് എന്ന് ഭഗവാൻ പറഞ്ഞു ഒന്നല്ലേ അതിന്റെ ബേസിക് എന്താന്ന് വെച്ചാൽ അധിഷ്ഠാനം അധിഷ്ഠാനം എന്ന് വെച്ചാൽ പൊതുവെ അധിഷ്ഠാനം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം എന്നാണ് ശാസ്ത്രാർത്ഥം ബോധം ചൈതന്യം പക്ഷേ ഇവിടെ ശങ്കരാചാര്യരുടെ അധിഷ്ഠാനം എന്നുള്ളതിന് ശരീരം എന്ന് ഇവിടെ സാന്ദർഭികമായ അർത്ഥമാണ് റിസർവായർ ആണത് ഓരോ വ്യക്തിയുടെയും അധിഷ്ഠാനം അയാൾ കൊണ്ടുവന്നിരിക്കുന്ന ബേസിക് മെറ്റീരിയൽ അത് വെച്ചുകൊണ്ടാണ് അയാൾ കർമ്മം ചെയ്യണത് ഒരാൾ പാട്ടുപാടുന്നു അയാൾക്ക് പാട്ടുപാടാനുള്ള ശക്തി ഉണ്ട് സ്വതവേ അയാളെ കൊണ്ട് പാട്ടുപാടാതിരിക്കാൻ പറ്റില്ല അർജുനനെ അർജുനൻ പറയണത് അമ്പും വില്ലുമൊക്കെ വിട്ടിട്ട് സന്യാസി ആവാൻ പോവുകയാണ് അർജുനനെ കൊണ്ട് പറ്റില്ല ഇതിനു മുമ്പ് ഇരിക്കും സന്യാസി വശം കെട്ടിയതാ എന്നിട്ടാണ് സുഭദ്രയും കൂട്ടിക്കൊണ്ട് പോകുന്നത് അല്ലേ എന്തെന്ന് വച്ചാൽ അർജുനനെ കൊണ്ട് പറ്റില്ല സവ്യസാക്ഷി എന്നാണ് വലത് കൈയും ഇടത് കൈയും കൊണ്ടും ഒക്കെ അസ്ത്രം അയ്യാൻ പറ്റും അങ്ങനെയുള്ള സവ്യസാചിയായ അർജുനൻ ഏത് വേഷം കെട്ടിയാലും അയാൾ അർജുനനാണ് പുറമേക്ക് വേഷം മാറ്റിട്ട് കാര്യമില്ല ബൃഹന്നളയായിട്ടിരിക്കുമ്പോഴും ആണും പെണ്ണും കെട്ട വേഷം കെട്ടിയിട്ട് അത് ഓർമ്മ വെച്ചുകൊണ്ടായിരിക്കാം ഭഗവാൻ ക്ലൈബ്യ ബൃഹന്നളയായിട്ടിരിക്കുമ്പോ പോലും വിരാടരാജധാനിയില് ഉത്തരകുമാരൻ അതായത് വിരാടരാജാവ് മുഴുവൻ സൈന്യങ്ങളോടുകൂടെ ത്രികർത്തന്മാരുടെ പുറകെ പോയി ആ സമയത്ത് ദുര്യോധനനും ഭീഷ്മരും കർണനും എന്തു പറഞ്ഞു കുരുക്ഷേത്ര പടയില് എത്ര വീരന്മാരുണ്ടോ അത്ര വീരന്മാരും കൂടെ ഒരു വശത്തു കൂടെ വിരാട ആക്രമിച്ചു അപ്പൊ ചെന്ന് ആരും കുറച്ച് കാവൽക്കാര് ചെന്നിട്ട് അന്തപുരത്തിൽ ചെന്ന് പറഞ്ഞു ഉത്തരകുമാരൻ അയാൾ കുറെ പെണ്ണുങ്ങളുടെ നടുവിൽ ഇരുന്ന് തമാശ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ അയാളുടെ അടുത്ത് ചെന്ന് പറഞ്ഞു അയാൾ പറയണേ ഞാൻ ഒരാള് മതി ഈ യുദ്ധത്തില് അത് ഭീഷ്മരാവട്ടെ കർണനാവട്ടെ എന്നെ കണ്ടാൽ അർജുനനാണ് യുദ്ധം ചെയ്യണതെന്ന് തോന്നും എന്നൊക്കെ പറഞ്ഞ് വീമ്പ് പറിച്ചല അപ്പോഴാണ് ഈ കാവൽക്കാരൻ ചെന്ന് പറയുന്നത് വന്നിരിക്കണു കർണൻ ഭീഷ്മര് ദ്രോണര് ശല്യര് കൃപര് എല്ലാവരും വന്നിരിക്കണു അങ് ചെന്നിട്ട് ജയിച്ച് വരൂ രാജ്യത്തിന് അപകടം വന്നിരിക്കണോ എന്ന് പറയുമ്പോൾ ഉത്തരകുമാരൻ നിന്ന സ്ഥലത്ത് പോലെ വരയ്ക്കാൻ തുടങ്ങി അപ്പോ ദ്രൗപതി അവിടെ ഒരു ദാസിയായിട്ട് വേഷം കെട്ടിയിരിക്കുന്നു ദ്രൗപതി അർജുനൻ ബൃഹന്നളയാണ് ആണുമല്ല പെണ്ണുമല്ല ഡാൻസ് പിടിപ്പിക്ക ആ ബൃഹന്നളയെ പിടിച്ചിട്ട് പറഞ്ഞു അർജുനന് തേരോട്ടിയ പഴക്കം ഈ ബൃഹന്നളയ്ക്കുണ്ട് അതുകൊണ്ട് ഇവിടെ കൂട്ടിക്കൊണ്ട് പോകും എന്താന്ന് വെച്ചാ ഉത്തരകുമാരൻ ഒരു ചാക്ക് പറയണത് എനിക്ക് ഡ്രൈവർ ഇല്ല അല്ലെങ്കിൽ ഞാൻ പോയിട്ടുണ്ടാവുന്നു അപ്പൊ നല്ല അസല് ഡ്രൈവർ ഉണ്ടെന്നാണ് ഈ ബൃഹന്നളയുണ്ട് കൊണ്ടുപോകൂ എന്ന് പറഞ്ഞിട്ട് ബൃഹന്നളയെ പറഞ്ഞയക്ക അപ്പൊ ബൃഹന്നള തേരോട്ടിക്കൊണ്ട് പോകുമ്പോ ഇയാള് യുദ്ധഭൂമിയെ കണ്ടിട്ടില്ല ഈ ഉത്തരകുമാർ അപ്പൊ അവിടെ പോകുമ്പോ ഒരു ശംഖനാഥം കേട്ടോ ഇതെന്താ ഇപ്പാരായി ശംഖു വിളിക്കണത് ചോദിച്ചു ഭീഷ്മരുടെ ശംഖനാഥാണെന്ന് അത് കണ്ടതും ആള് തേർത്തട്ടിൽ തന്നെ കാര്യം സാധിച്ചു ഇറങ്ങി ഓടുക ബൃഹനളത്ത് എന്ന് പിടിച്ച് വലിച്ചോണ്ടി വരിക ഭീഷ്മർ കാണുന്നു ദ്രോണര് കാണുന്നു ദുര്യോധനൻ കണ്ട് മൂക്കത്ത് വിരലുവെച്ചിട്ട് ഇത് ആരായി ഒരു ദാസിയും പിടിച്ചോണ്ട് ഇങ്ങനെ വന്നിരിക്കുന്ന ആണു അല്ല അതിനെ കണ്ടാലേ എന്തോ പോലെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോ ദ്രോണര് ഭീഷ്മരെ കണ്ടിട്ട് ദുര്യോധനൻ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഭാഷയിൽ പ്രത്യേക ഭാഷയിൽ പറയുകയാണ് ദ്രോണരോട് പ്രത്യേകമായ ഒരു ഭാഷയിൽ പറയാണ് നഗാഹയോനു യശോങ് വേഷധരകിരീടീ ജിവാസ്മാൻ ഗാംയതി വിപ്രവീര നദീജലം കേശവനാരേതുഹു ദുര്യോധനൻ ആദ്യം ചെവി കൊടുത്തു എന്തോ നദീജലം കേശവ ഈ കഴവന്മാർക്ക് ജ്യോത്സ്യം പറിച്ചലും എന്തൊക്കെയോ ശ്ലോകം പറിച്ചലും ശകുനം പറിച്ചലേ ഉള്ളൂ നദീജലം കേശവനാരികേതുഹു എന്നൊക്കെ പറഞ്ഞു ഭീഷ്മൻ മനസ്സിലാക്കി എന്താന്ന് വെച്ചാൽ ഭീഷ്മരെ വിളിച്ചതാണ് നദീജ നദിയിൽ ജനിച്ചവൻ ഗംഗയിൽ ജനിച്ചവൻ നദീജ ലം േതുഹു ലങ്കേശൻന്റെ വനത്തിനെ ദഹിപ്പിച്ച ഹനുമാൻ കൊടിയടയാളമായിട്ടുള്ളവൻ ഹേ നദീജ ഹനുമാൻ കൊടിയടയാളമായിട്ടുള്ളവൻ നഗാഹ്വയോ നാമ ഒരു മരത്തിന്റെ പേരുള്ളവൻ നഗഭിത്തായിട്ടുള്ള ഇന്ദ്രന്റെ പുത്രൻ എന്നുവെച്ചാ അർജുന വൃക്ഷം വന്നിരിക്കണു ഏഷോ അങ്കനാവേശരഹ പെൺവേഷം കെട്ടി വന്നിരിക്കണു ഇനി നമ്മൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല മുഴുവൻ നമ്മളെ മുഴുവൻ തോൽപ്പിച്ചിട്ട് പശുവിനെയൊക്കെ കൊണ്ടുപോകും എന്ന് പറയാണ് നോക്കൂ പലരും ഭാരതമൊക്കെ പറയുമ്പോൾ കർണനെ വളരെ പുകഴ്ത്തും പക്ഷെ കർണൻ മാത്രമല്ല അവിടെ ഭീഷ്മരും ഒക്കെ ഉണ്ട് സന്ദർഭത്തില് ഡിസ്പ്ലേ സമയത്ത് അർജുനൻത്തിരി മങ്ങിപ്പോയെങ്കിലും സന്ദർഭം വരുമ്പോ കർണനും ഒന്നും യൂസാവണില്ല അവിടെ എല്ലാരും തോറ്റുപോയി ധനിച്ചാണ് അത് എന്തേന്ന് വെച്ചാൽ ഈശ്വരാംശമാണേ അത് ഒരു ഒരു കാരണത്തിന് വേണ്ടി ജനിച്ചിരിക്കുകയാണ് ആ പവർ എവിടെ കൊണ്ട് കളയാൻ പറ്റും അത് റിസർവയറാണ് അത് അതുപോലെ ഓരോ വ്യക്തിക്കും അവരവർ ചിലതൊക്കെ ചെയ്യാൻ ലോകത്തിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ അതേ ഉള്ളൂ നമ്മൾ സാധാരണ ഒരു സ്ലാങ് യൂസേജുണ്ട് ലോകത്തില് നായ് വേഷം കിട്ടിയ കുരയ്ക്കണം പറയും നമുക്കൊരു വേഷം തന്നിട്ടുണ്ട് ഈശ്വരൻ ഏത് വേഷാണോ ആ വേഷത്തിനെ പറ്റിയ പ്രകൃതി ഉള്ളിലുണ്ട് ആ പ്രകൃതി അധിഷ്ഠാനമാണ് ആ പ്രകൃതിയോടുകൂടെ കർത്തൃത്വം പിന്നെ ഇന്ദ്രിയങ്ങൾ ചിലർക്കൊക്കെ സ്പെഷ്യൽ ഇന്ദ്രിയങ്ങളാണ് തൊണ്ട പാടിക്കഴിഞ്ഞാൽ അത്ര മധുരം അല്ലേ ആ അലൗകികമായ ഒരു ശബ്ദം പുറത്തു വരുന്നു ചിലരെങ്ങോട് പാടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചരട്ട പാറയിലെ എന്തൊക്കെ അറിഞ്ഞാലും പേടിച്ചു പോവും നമ്മള് അരണ്ടു പോവും ആ ശബ്ദം കേട്ടുകഴിഞ്ഞാൽ അപ്പൊ എന്താ ആ ശബ്ദം കൊടുത്തിരിക്കുകയാണ് ഈശ്വരൻ അത് ആ കരണത്തിൽ ആ സ്വഭാവമുണ്ട് ഓരോരുത്തർക്കും ഓരോ കാര്യം ഉണ്ടാവും അത് കണ്ടുപിടിക്കുകയും വേണ്ടു എല്ലാവരെയും നമ്മൾ ഒരേ പോലെ ആക്കണം എന്നാണ് വിദ്യാഭ്യാസേ എല്ലാരും ഒരേപോലെ അല്ലേ ഇത് വിദ്യാഭ്യാസം അതാണ് വേണ്ടത് വിദ്യാഭ്യാസം എല്ലാവരും പഠിച്ച് ഒരേ പോലെ അല്ലെ കാലം മുമ്പ് എല്ലാം ബി എസ് സി എല്ലാം എഞ്ചിനീയർ എൻജിനീയർ എം ബി ബി എസ് ആയിട്ട് വന്ന് നമ്മളെ കണ്ട വെറുതെ വിടുവോ വിദ്യാഭാസമായിട്ട് മാറിക്കൊണ്ടിരിക്കാനായിരുന്നു സമാധാനം ഉണ്ടാവില്ലേ ലോകത്തില് എന്താന്ന് വെച്ചാൽ ഓരോ വ്യക്തിയുടെ ഉള്ളിലും അവനൊരു കഴിവുണ്ട് അവന് തനിയെ വിട്ട എന്ത് ചെയ്യും നോക്കാം അതൊക്കെ മൊത്തത്തില് കളക്ടീവായിട്ട് ഒരു ബിസിനസ് ആണ് എല്ലാം നശിപ്പിക്കുക അപ്പൊ അധിഷ്ഠാനം തഥാ കർത്ത കരണം ചൃതക് വിധം ഇന്ദ്രിയങ്ങളും അതുകൊണ്ട് വിവിധാശപൃത ചേഷ്ട ആ ഇന്ദ്രിയങ്ങൾ കൊണ്ടുള്ള ചേഷ്ടയും ഇതൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ദൈവം അഞ്ചാമത്തൊരു സാധനം അവിടെ ഒന്ന് നിൽക്കും അത് നമ്മൾ കാണുകയല്ല ഇത് നമ്മള് കരുതുകയില്ല ഇങ്ങനെ ഒരു കേസ് ഇടയിൽ വരും എന്ന് നമുക്ക് രാമായണം കഥ ഭംഗിയായിട്ട് പോകുമ്പോ മന്ധര എന്ന് പറയുന്ന ആ വൃദ്ധ മണ്ഡപത്തിന്റെ മുകളിലേക്ക് കയറുമെന്ന് ആരും കണക്കാക്കിയിട്ടേയില്ല കഥ മുഴുവൻ ടേണിങ് ഭംഗിയായിട്ട് പോകുമ്പോ വാൽമീകി പറഞ്ഞു എവിടെയാ ടേണിങ് പോയിന്റ് എന്ന് വെച്ചാൽ ഈ തള്ളയ്ക്ക് മാളിക മുകളിൽ കയറണം എന്ന് തോന്നി കയറിയതും എല്ലായിടത്തും ഇതാ അലങ്കരിച്ചിരിക്കണു എന്തുപറ്റി ചോദിച്ചു രാമന് പട്ടാഭിഷേകം സഹിച്ചില്ല ഓടിയ ഓട്ടം ഒളിമ്പിക്സിലാണെങ്കിൽ ഗോൾഡ് മെഡൽ കിട്ടിയിട്ടുണ്ടോ അങ്ങനെ ഓടി കൈകടുത്തേക്ക് കഥ അങ്ങോട്ട് തിരിഞ്ഞു സി യഥോജാത്ത കൈകേയ്യാത് സഹോഷിത പ്രാസാദം ചന്ദ്രസങ്കാശം ആറുരോഹ യർച്ഛയാ വാൽമീകി ഋഷിയാണല്ലോ ഒരു വാക്ക് പ്രയോഗിക്കുകയാണെങ്കിൽ ആ വാക്ക് മാറ്റിവെക്കാൻ പറ്റില്ല എവിടെ എവിടെ ടേണിങ് പോയിന്റ് വരണോ അവിടെയൊക്കെ എതിർച്ഛ എന്നുള്ള പദം പ്രയോഗിക്കും നമ്മ എതിർച്ചാന്ന് വെച്ചാൽ പൂർവ്വം നമുക്ക് മനസ്സിലായില്ല എന്ന അർത്ഥം അത്രേയുള്ളൂ നമ്മൾ പറഞ്ഞു വിചാരിച്ചേ ഇല്ല കേട്ടോ അവൻ അപ്പോ അവിടെ വരുന്നു വിചാരിച്ചതേ ഇല്ല എന്നുവെച്ചാൽ അവൻ വന്നതോടുകൂടെ കാര്യം കഴിഞ്ഞു നർത്ഥം ആയിർച്ചയാണ് ആ എതിർച്ച സംഭവിച്ചു അതേ വാക്കാണ് ദണ്ഡകാരണ്യത്തിൽ ചെന്നിട്ട് പഞ്ചപടിയിൽ രാമനും സീതയും സന്തോഷമായിട്ട് ഇത്രയധികം സന്തോഷമായിട്ട് രാമായണത്തിൽ ഒരിക്കലും വരുന്നിട്ടില്ല സന്തോഷമായിട്ട് കഥകളൊക്കെ പറഞ്ഞ് രസിച്ച് സീതയ്ക്ക് മനോഹരമായി പുഷ്പങ്ങളൊക്കെ പറിച്ചു കൊണ്ടുവന്ന് വേദാന്ത തത്വങ്ങളൊക്കെ ഉപദേശിച്ചു കൊടുത്ത് ലക്ഷ്മണൻ ചോദിക്കുന്ന ഗംഭീരമായ വിഷയങ്ങൾക്കൊക്കെ ഉത്തരം പറഞ്ഞ് കാനനത്തിന്റെ മനോഹാരിത വർണ്ണിച്ചുകൊണ്ട് ഇതം അമൃതം പ്രാഹുഹോ ഋഷയ പാരദർശ്വനാഹ രാമൻ പറഞ്ഞത് സീതയോട് നോക്കൂ അമൃതമാണ് ഈ ജീവിതം മധുരമായി മനോഹരമായി ശീതള ജലവാഹിനിയായി ഈ ഇങ്ങനെ ഓടുന്നു ഗോദാവരി ഇങ്ങനെ പ്രവഹിക്കുന്നു ആ ഗോദാവരിയിൽ സുവർണ പുഷ്പങ്ങളും പേറിക്കൊണ്ട് ആ ജലമെങ്ങനെ വരുമ്പോ വസന്തകാലം പൂത്തു കുലച്ചു നിൽക്കുമ്പോ നമ്മളെത്ര ഭാഗ്യവാന്മാർ രാഷ്ട്രീയത്തിന്റെ നടുവിൽ പൊളിറ്റിക്സിന്റെ തലവേദനക്ക് നടുവിലിരിക്കുന്ന ഭരതന്റെ കഷ്ടകാലം ആലോചിച്ചു നോക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് സുഖമായി സ്വസ്ഥമായിട്ടിരിക്കുമ്പോഴാണ് അടുത്ത എതിർച്ച തം ദേശം രാക്ഷസി ആജകാമ യർച്ച നമ്മളുടെ ഫ്രണ്ടോട് വന്നു ശൂർപ്പണഖർപ്പണഖ അവളവിടെ വരുമെന്ന് ആരും കണ്ടിട്ടില്ല അല്ലെ ശ്രീലങ്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ് അവിടുന്ന് വന്നു എന്താന്ന് വെച്ചാൽ അവിടെ ഇരിക്കപ്പോയില്ല ഒരു കാര്യം ഒരു സ്ഥലത്തില് കേടുവരുത്തണമെന്ന് വെച്ചോളൂ ഇപ്പൊ ഒരു കമ്മിറ്റി ഭംഗിയായിട്ട് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് വർഷമായിട്ട് ഒരു കമ്മിറ്റി ഭംഗിയായിട്ട് ചില കാര്യങ്ങൾ നടക്കണു അതില് കാര്യം കേടുവരുത്തണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി അതിന് ചില പാർട്ടികൾ ഉണ്ടാവും അവരെ പിടിച്ചുള്ളിൽ കയറ്റി വിട്ടാൽ മതി ഒരു മെമ്പർ ആക്കി കഴിഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ അതിന്റെ ഉള്ളിൽ അടിയും തല്ലുമൊക്കെ ഉണ്ടാക്കി ഒക്കെ കൊളാക്കി കൃതകൃത്യരായിട്ട് അവർ ഇങ്ങനെ കൊളമാക്കുന്ന ആളുകളുണ്ടല്ലോ ഇവരെ ഉദാഹരിച്ചുകൊണ്ട് ശൂർപ്പണകാ വിവാഹം എന്നൊരു പ്രയോഗമുണ്ട് അതായത് വിവാഹം കഴിക്കുന്നത് ക്ഷേമമായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ശ്രീലങ്കയില് ശൂർപ്പണകെ വിവാഹം കഴിച്ചവരൊക്കെ എന്തായി ഗതി എന്ന് വെച്ചാൽ ഈ അമ്മയ്ക്ക് വിശപ്പ് കൂടിയ നേരം വിളിച്ചുമ്പോ ബ്രേക്ക്ഫാസ്റ്റ് ഭർത്താവാണ് അങ്ങനെ തിന്നുകൂട്ടി കഴിഞ്ഞപ്പോ ഇരിക്കില്ലാതെ ശ്രീലങ്കയിൽ നിന്നും ഇങ്ങടേക്ക് കയറ്റേച്ചതാണതിനെ അപ്പൊ നിങ്ങളുടെ നേരം വെളിച്ചായാൽ വലിയ വലിയ നഖങ്ങളിൽ പെയിന്റൊക്കെ അടിച്ച് ചുണ്ടത്ത് പെയിന്റൊക്കെ അടിച്ച് തലയിലൊക്കെ അടിച്ച് സൗന്ദര്യ ബോധത്തോടുകൂടെ കല്യാണം കഴിക്കാൻ ആളെ കിട്ടുമോ വന്ന് നടക്കുക അങ്ങനെ നടക്കുമ്പോഴാണ് കാട്ടിൽ വന്ന് രാമനെ കണ്ടതും വാൽമീകിക്കൊരു നർമ്മബോധം രണ്ടുപേരെയും കൂടെ കാണുമ്പോ പറഞ്ഞത് എനിക്ക് ഇപ്പൊ ഗീതയൊന്നും വിഷയമില്ലാതായിട്ടോ അങ്ങനെ ഒരു നർമ്മബോധം വാൽമീകി പറയാ തം സുമുഖം ദുർമുഖി രാമം വൃത്തമധ്യം മഹോദരി വിശാലാക്ഷം വിരൂപാക്ഷി സുകേശം താമ്രമൂർദ്ധജ എന്നൊക്കെ പറഞ്ഞു വാൽമീ അവൾ അവിടെ വന്നതോടുകൂടെ കഥ അങ്ങനെ ട്വിസ്റ്റായി ആർക്കൊക്കെ ട്വിസ്റ്റ് എന്ന് വെച്ച രാമന് മാത്രല്ല രാവണന് തലയില് ശനിക അഷ്ടമത്തില് വിട്ടില്ല അവൾ അവിടെ ചെന്നിട്ട് രാവണനെ പറഞ്ഞയക്കാതെ അവൾക്ക് ഇരിക്കപ്പുറത്തില്ല അപ്പോ ആ കഥയുടെ ടേണിങ് പോയിന്റ് അപ്പൊ അങ്ങനെ ഒന്ന് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കോ ജീവിതം ഇതുപോലെയാ നമ്മൾ വിചാരിക്കുക സുഖമായിട്ടിരിക്കുന്നു ആ ശ്രീമദ് ഭാഗവതത്തിലെ അവധൂതൻ ഇങ്ങനെ നടക്കുക പലതും കണ്ടുകൊണ്ട് നടക്കുമ്പോ ഒരു കുരുവി ആൺപക്ഷി പെൺപക്ഷി ഈ പെൺപക്ഷി മുട്ടയിട്ടും അത് വിരിഞ്ഞു കുഞ്ഞുങ്ങളൊക്കെ വന്നു കാണുമ്പോൾ നല്ല സന്തോഷം ഈ അവധൂതനത് കണ്ട് ആനന്ദിച്ചിരിക്കുക എന്താന്ന് വെച്ചാൽ ഋഷിക്ക് തനിക്ക് കുടുംബമോ പ്രാരബ്ധമോ ഒന്നുമില്ലെങ്കിലും ആരെങ്കിലും കുടുംബത്തോടെ ഇരിക്കണതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം അവർ ക്ഷേമമായിട്ട് ഇരിക്കണ്ടു ആൽമീകിക്ക് ആ രണ്ടു പക്ഷികളുടെ വിഷയത്തിൽ ദുഃഖം പോലെ തന്നെ ഈ അവധൂതനിങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുമ്പോണ്ട് ഒരാൾ വന്ന് വലവെച്ച് ആ കുഞ്ഞുങ്ങളെയും പക്ഷിയും പിടിച്ചു മനസ്സിൽ വലിയ വേദന ഉണ്ടായി അപ്പൊ ഈ അവധൂതൻ പറയാ ഇതെന്നൊരു കാര്യം മനസ്സിലാക്കാം ഇവിടെ സുഖം സന്തോഷം എന്നൊക്കെ പറയണത് ഇറ്റ്സ് ഓൺലി ക്വസ്റ്റ്യൻ ഓഫ് ടൈം എപ്പോഴാ ഈ കാലപുരുഷൻ ഏത് രൂപത്തിൽ ഏത് വേഷത്തിൽ വരും പറയാൻ പറ്റില്ല ഒരാൾ പറഞ്ഞു എന്റെ അടുത്ത് സ്വാമി നിങ്ങൾ പറയു ഈ ലോകം അനിത്യമാണ് അസുഖമാണ് എനിക്ക് അങ്ങനെ തോന്നില്ല എത്ര സുഖമായിട്ടിരിക്കണു സന്തോഷമായിട്ടിരിക്കണോന്ന് നോക്കൂ ഞാൻ ഇത്ര കാലം ദുഃഖിച്ചിട്ടേ ഇല്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അയാളോട് പറഞ്ഞു ഇറ്റ്സ് ഓൺലി ക്വസ്റ്റ്യൻ ഓഫ് ടൈം വെയിറ്റ് യു ആർ ഇൻ എ ക്യു അപ്പൊ അടുത്ത ദിവസം പറഞ്ഞു സ്വാമി ഇത് വേണ്ടി കിടന്നില്ലേട്ടോ ഒന്നിനെ രാത്രി ഒന്നും ഞാൻ ഉറങ്ങിയില്ല അപ്പൊ കണ്ടില്ലേ ഒരു പ്രശ്നം വരേ വേണ്ട വരും എന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയാലേ സമാധാനം പോയി ഇത്രയേ സേഫ്റ്റി ഉള്ളൂ നിന്റെ സുഖത്തിന് പ്രശ്നം വരേ പോലും വേണ്ട ജസ്റ്റ് അൻ ഇൻഫർമേഷൻ കാൻ പുട്ട് യുവർ മൈൻഡ് ഇൻ ടെർമോയിൽ ടെർബുലൻസ് അത് നമ്മൾ കാണുകയേല ആ വർഷം നമ്മള് നമ്മളുടെ പെർഫെക്റ്റ് ആക്ഷൻ മാത്രാണ് കാണുന്നത് നമ്മളുടെ ആക്ഷൻ നമ്മളുടെ കാപ്പബിലിറ്റി നമ്മളുടെ എബിലിറ്റി ദ റിസൾട്ട് പക്ഷെ റിസൾട്ടിനും നമുക്കും നടുവിലുള്ള ഒരു സ്പേസ് അൺസീൻ സ്പേസ് ഉണ്ട് ആ ദൈവം എന്ന് പറയുന്നത് എലമെന്റ് അത് എപ്പോ വന്നിരിക്കുമെന്ന് പറയാനേ പറ്റില്ല അത് ഭഗവാൻ ഇവിടെ അവതരിപ്പിക്കുക ഇതിനെയാണ് വൈദിക സംവിധിയിൽ ഇതിനെ നിരൂ നിവർത്തിപ്പിക്കാനാണ് കർമാനുഷ്ഠാനങ്ങൾ യാഗ യജ്ഞങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ കൊണ്ട് അപൂർവം എന്നൊരു ഫലം വന്ന് ഈ ദൈവത്തിനെ ബാധിക്കണം അതായത് ഈ അൺസീൻ പ്രതിബന്ധമുണ്ടല്ലോ അതിനെ നിവർത്തിപ്പിക്കാൻ വഴി നോക്കുക അവിടെയും പെർഫെക്റ്റായിട്ട് സാധിക്കില്ല അപ്പോ ഈ അഞ്ച് ഹേതുക്കളോട് കൂടിയുള്ള ഈ കർമ്മ ഉണ്ടല്ലോ ഞാൻ കർത്താവാണ് എനിക്കിന്ന കഴിവുകളുണ്ട് ഇതെന്റെ ധർമ്മമാണ് ഞാൻ പ്രവർത്തിക്കണു എനിക്ക് ഫലം കിട്ടണം അതിന് നടുവിൽ വരുന്ന പ്രതിബന്ധങ്ങളൊക്കെ നിവൃത്തിയാകണം ഇതൊക്കെ ആഗ്രഹിച്ച് ഈ അഞ്ചെണ്ണത്തോടു ഇരിക്കുന്ന ഈ അഞ്ചിന് എന്താ പേര് അറിയോ ഈ അഞ്ചിന് പേരാണ് സംസാരം ദ ഹോൾ തിങ് വിൾ യു യുവർ പേഴ്സണാലിറ്റി നിങ്ങളുടെ വ്യക്തിത്വം നിങ്ങളുടെ കർമ്മമണ്ഡലം നിങ്ങളുടെ കർത്തൃത്വം അതിൽ നിന്ന് വരുന്ന കൊയ്ത്ത് നിങ്ങളെ അനുഭവിക്കണു ഇതെല്ലാം കൂടി ചേർന്നത് ഒരു ഡ്രീം സ്റ്റെഫാണ് ഒരു സ്വപ്നം സ്വപ്നത്തിൽ നല്ലത് മാത്രമേ കാണാൻ പറ്റൂ കാണുള്ളൂന്ന് പറയാൻ പറ്റുവോ എന്ത് വരുന്നു എന്തെങ്കിലും പ്രഡിക്ഷൻ ചെയ്യാൻ പറ്റുമോ ഇന്ന് രാത്രി ഉറങ്ങിയാൽ നല്ല സിനിമ കാണുവോ സ്വപ്നത്തില് ആര് കണ്ടു എന്ത് കാണുവോ അല്ലേ അതേപോലെയാണ് ഫ്യൂച്ചർ അടുത്ത ക്ഷണത്തിൽ വരാവുന്നത് ഒന്നും പ്രഡിക്ട് ചെയ്യാനേ പറ്റില്ല ഇത് സ്വപ്ന സമാനമാണ് ഇത് മിഥ്യയാണ് എന്ന് പറഞ്ഞു ഇതിൽ ഇത്രയും പറഞ്ഞിട്ട് ഈ അധിഷ്ഠാനം കർത്താ കരണം പറഞ്ഞിട്ട് ഇതിനെ നിരൂപണം ചെയ്യാനായിട്ട് ഭഗവാൻ തുടങ്ങാണ് ഈ കർമ്മം ചെയ്യുന്ന ശരീരം കർമ്മം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇന്ദ്രിയം കർമ്മത്തിന് പ്രേരിപ്പിക്കുന്ന മനസ്സ് അതുകൊണ്ട് ചെയ്യുന്ന കർമ്മം അത് ധർമ്മമോ അധർമ്മമോ നല്ല ദോശീയത്തെയോ എന്തു വേണമെങ്കിൽ ആവട്ടെ എല്ലാത്തിനും ഈ അഞ്ചെണ്ണമാണ് ബാക്കിൽ നിൽക്കുന്നത് അടുത്ത ശ്ലോകം നോക്കൂ വിപരീതം തസ്യ ഹേതവ ന്യായമായിട്ടോ ധാർമ്മികമായിട്ടോ അശാസ്ത്രീയമായിട്ടോ എന്ത് കർമ്മം ചെയ്യുമ്പോഴും ശരീരം കൊണ്ട് വാക്കുകൊണ്ട് മനസ്സുകൊണ്ട് ചെയ്യപ്പെടുന്ന എല്ലാ കർമ്മത്തിന് പുറകിലും അധിഷ്ഠാനം കർത്ത കരണം ദൈവം ഇതൊക്കെ ഉണ്ട് അഞ്ച് കോസസ് ഉണ്ട് ഈ അഞ്ച് കാരണങ്ങള് ഓരോ കർമ്മത്തിന് പുറകിലും ഉണ്ട് അതുകൊണ്ട് ഒരു കർമ്മത്തിൽ കംപ്ലീറ്റ് ആയിട്ട് സക്സസ്ഫുൾ ആവുമ്പോൾ ഒരാളെന്ന് പറയാൻ പറ്റില്ല ഭാഗവതത്തില് പൃഥ്വി മഹാരാജാവ് നൂറ് യാഗം ചെയ്യാൻ തീരുമാനിച്ചു തൊണ്ണൂറ്റിയൊമ്പത് യാഗാവുമ്പോൾ പരമഭക്തൻ തൊണ്ണൂറ്റിയൊമ്പതാമത്തെ യാഗം ചെയ്യുമ്പോൾ ഇന്ദ്രൻ കുതിരയെ കട്ടുകൊണ്ടുപോകും യാഗാശ്വത്തിന് ഇവര് പൃഥുവിന്റെ മകൻ വിജിതാശ്വൻ പേര് തെരഞ്ഞു പിടിച്ചിട്ട് കുതിരയെ കൊണ്ടുവരും പിന്നീ യാകം തുടങ്ങും കറക്റ്റായിട്ട് യാഗത്തിന് കുതിരയെ റിലീസ് ചെയ്യേണ്ട സമയമാകുമ്പോൾ ഇന്ദ്രൻ കുതിരയെ മോഷ്ടിക്കും ഇങ്ങനെ പലവട്ടം ആയപ്പോ ഇവര് തീരുമാനിച്ചു വൃഗു ഒരു കാര്യം ചെയ്യപ്പോൾ ഇന്ദ്രനോടുകൂടെ അങ്ങനെ ആവാഹിച്ചാണ് ഈ കുതിരയാണ് ഇന്ദിരനോടുകൂടെ അങ്ങനെ ആ വായിക്കുമ്പോ ഇന്ദ്രൻ പറഞ്ഞു ഞാനല്ലാട്ടോ കുതിരയെ കെട്ടത് എന്റെ വേഷത്തിൽ വേറെ ആരോ ആണ് പല വേഷത്തിൽ ആരൊക്കെയോ വന്നിരിക്കുന്നു എനിക്കറിയില്ല നോക്കുമ്പോ ഭഗവാൻ വന്ന് പൃഥുവിന്റെ അടുത്ത് പറഞ്ഞു ഞാനാണ് ഇന്ദിരന്റെ വേഷത്തിൽ വന്നത് എന്തിനാ ഭഗവാനെ അങ്ങനെ വന്ന് കെട്ടത് ഭഗവാൻ പറഞ്ഞു തനിക്ക് എന്തിനാ ഈ നൂറ് കംപ്ലീഷൻ വൈ ആർ യു ആഫ്റ്റർ ദിസ് നമ്മളൊക്കെ വിചാരിക്കുന്നത് ഇത് പൂർണമാക്കണം എന്ത് പൂർണ്ണമാക്കും ലോകത്തിൽ എന്ത് പൂർണ്ണമാക്കിയിട്ട് എന്ത് നേടിയെടുത്തു ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് എന്ത് കൃതകൃത്യത വരാൻ പോകണു തനിക്ക് ഇതൊന്നും വേണ്ട ഇതൊക്കെ താൻ തൊണ്ണൂറ്റി ഒമ്പത് ചെയ്ത് ഏകോനശതക്രതു ഒന്നും കുറവായിട്ട് അവിടെ നിൽക്കട്ടെ ഈ കംപ്ലീറ്റ് ആയ അതിലൊരു അഹങ്കാരം വരും അത് കളയാൻ പറ്റില്ല അത് അവിടെ നിൽക്കട്ടെ ഭഗവാൻ പറയണത് ഞാൻ ആരെ അനുഗ്രഹിക്കണം ആഗ്രഹിക്കണോ അവർക്ക് പ്രമോഷൻ കിട്ടേണ്ട സമയത്ത് കുഴപ്പമുണ്ടാക്കുന്നു അവർക്ക് റെക്കഗ്നിഷൻ കിട്ടേണ്ട സ്ഥലത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കും എന്താന്ന് വെച്ചാൽ അത് അവർക്ക് നല്ലതല്ല അവൻ എന്താണോ നല്ലത് അതേ ഞാൻ കൊടുക്കുകയുള്ളൂ ഇപ്പൊ തനിക്ക് എന്തിനായിപ്പോ നൂറ് ശതക്രതു അത് വേണ്ടെന്ന് വെക്ക തനിക്ക് വേറെ എന്താ വേണ്ടെന്ന് ചോദിക്ക പൃഥ്വി പറഞ്ഞു ഭഗവാനെ അങ്ങ് ബോധിപ്പിച്ചത് നന്നായി എനിക്ക് നൂറൊന്നും വേണ്ട എനിക്ക് സത്സംഗ തരൂഹോ വേറെ ഒന്നും വേണ്ട മഹാപുരുഷന്മാർ അനുഭവിക്കുന്ന ആ ഭഗവത് അനുഭവം വായുകൊണ്ട് പറയുമ്പോ കേൾക്കാനായി ഒരു പതിനായിരം ചെവി തരൂ എന്റെ ശരീരത്തിൽ ഓരോ കോശം കൊണ്ട് ഞാൻ കേൾക്കട്ടെ മഹത്തമ അന്തരഹൃദയാഖച്യുതോ വിധത്സ്വ കർണായുധമേഷമേ വരാ ഭഗവാൻ പറഞ്ഞത് നന്നായിട്ട് ആശീർവദിക്കാം ക്ഷേമമായിട്ട് സനക സനന്തന സനാതന സനത് കുമാരാദികളൊക്കെ വന്ന് ബ്രഹ്മവിദ്യ വേദാന്ത വിഷയം ആത്മതത്വം ഉപദേശിച്ചു കൃതകൃത്യനായിട്ട് തീർന്നു ആ രാജാവ് ഭൂമി ക്ഷേമമായിട്ട് തീർന്നു രാജാവിന് ജ്ഞാനം വന്നതോടുകൂടി ഭൂമി അങ്ങോട്ട് സമൃദ്ധമായിട്ട് തീർന്നു എന്തിനാപ്പം പറയണതെന്ന് വെച്ചാൽ കർമ്മത്തിലെ ഒരു പെർഫെക്ഷൻ നമ്മൾ നോക്കണു കർമ്മത്തിലെ പെർഫെക്ഷൻ റിസൾട്ടിലല്ലായിരിക്കണത് കർമ്മം ചെയ്യുന്ന ആളിലാണ് ഇരിക്കുന്നത് നമ്മൾ വിചാരിക്കുന്നത് കർമ്മത്തിലുള്ള പെർഫെക്ഷൻ കർമ്മത്തിന്റെ ഫ്രൂട്ടിലാണെന്നാണ് വിചാരിക്കുന്നത് കർമ്മത്തിന്റെ ഫ്രൂട്ടിലല്ല കർമ്മം ചെയ്യുന്നവനിലാണ് അതിരിക്കണത് എങ്ങനെ കർമ്മം എപ്പ പൂർണമായി എന്ന് വെച്ചാൽ വൈരാഗ്യം എന്നാ പൂർണ്ണമായി ഭഗവത് ജിജ്ഞാസ മുമുക്ഷുത്വം പൂർണ്ണമായി ഭഗവാന്റെ കുഴൽവിളി കേട്ട ഗോപസ്ത്രീകൾ എന്ത് പണി ചെയ്തിരിക്കണോ ആ പണി അവിടെ ഇട്ടിട്ട് പോയി എന്ന് പറയണോ അല്ലെ അതൊരു ഒരു സിമ്പിൾ അതായത് കർമ്മം പൂർത്തിയാവണത് ജീവന്റെ മുഖ്യ ലക്ഷ്യമായ ഭഗവത് ഇന്നർ കോൾ ഏണിംഗ് അത് വന്നു കഴിയുമ്പോൾ കർമ്മം കഴിഞ്ഞു അത് കൃത്യ കൃത്യമായി എത്തിക്കാൻ പറ്റുള്ളൂ നമ്മൾ എവിടെ വരെ കൊണ്ടുവരുന്ന കാറ് പോലെയാണ് സ്കൂട്ടർ പോലെയാണ് എവിടെ കൊണ്ടുവന്നാ അതിന്റെ വില കഴിഞ്ഞു അതേപോലെ കർമ്മം നമുക്ക് ചിത്തശുദ്ധി തന്ന് ആത്മജ്ഞാനത്തിന് ആത്മസാക്ഷാത്കാരത്തിന് നമ്മൾ തയ്യാറാക്കാനേ അതിനു പറ്റുള്ളൂ അതിന് കംപ്ലീഷൻ തരാനേ പറ്റില്ല കംപ്ലീഷൻ നിങ്ങളിലാണ് പൂർണ്ണത്വം നിങ്ങളിലാണ് ഒരു കർമ്മം കൊണ്ടും ആരും പൂർണ്ണമാവില്ല